സന്തോഷമായിട്ടിരിക്കുന്നു അവിടുത്തെ ഒരു ബ്രദർ ഇതിനു മുമ്പ് ഇവിടെ വന്ന് കാണും ബ്രാർ സാവെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടു മൂന്നാഴ്ച ഇവിടെ ആയിരുന്നു അപ്പം ഈ ചൊവ്വാഴ്ച പോവും അവർക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾ യാത്ര അസുഖമായിരിക്കാനും പിന്നെ അവിടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ മോഹർദ്ധനായിത്തരാനായിട്ട് ഞാൻ എന്താ പറയേണ്ടത് എങ്ങനെ വിചാരിച്ചു ഞാൻ ബ്രദറിനെ കണ്ടു പോകാനായിട്ടാണ് വന്നത് ബ്രദർ പറഞ്ഞു ഞായറാഴ്ച അത് വെള്ളിയാഴ്ച വരികയാണെങ്കിൽ സഹോദരന്മാരെയും കൂടെ കാണാം സഹോദരിമാരെയും കൂടെ കാണാം പലരും പുതിയ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞു ബുദ്ധങ്ങളെയൊക്കെ കാണാനടയായാലും സന്തോഷം ശരിയാ വേറെ പറഞ്ഞ പോലെ പലരും പുതിയ ആൾക്കാരാണ് ഞാനീ ചർച്ചിലേക്ക് വന്നത് വരുന്നത് അല്ലെങ്കിൽ എൻ്റെ സാക്ഷി ഞാനൊന്ന് ചുരുക്കി പറയാം ഞാനൊരു കത്തോലിക്ക ബാഗിലൂടെ ഇതാണ് കർത്താവിനെ അറിയാനിടയായി തീർന്നു കോളേജിൽ പഠിക്കുമ്പോഴാണ് ഒരു കോളേജിലെ പ്രേയർ ഗ്രൂപ്പിലൂടെയാണ് അറിയാനിടയായി തീർന്നത് അതിനു മുമ്പ് ഒരു അങ്ങനെ അറിയാനിടയായിത്തീർന്നു അതിനു മുമ്പൊരു ഞാനും കർത്താവിനെ സേവിക്കണം എന്നുള്ള ഒരാഗ്രഹത്തോടെ ആയിരുന്നു ഞാൻ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നത് പക്ഷേ എൻ്റെ ഉള്ളിൽ കോളേജിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് പ്രതിഗ്രയുടെ സമയത്തൊക്കെ ഈ ദൈവം ഉണ്ടോയെന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാരണം എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിനുവേണ്ടി ഞാൻ എങ്ങനെ പോകും അന്ന് ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പ്രീസ്റ്റ് ആവാനായിട്ടായിരുന്നു എൻ്റെ താല്പര്യം അപ്പോൾ എൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ദൈവം ഉണ്ടെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ദൈവത്തെ സേവിക്കുന്നത് അപ്പോൾ അതൊന്ന് ഉറപ്പാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ ഒരവസരം കിട്ടി ഞാൻ അതങ്ങോട്ട് ഓടിച്ചുവിടുന്നു ദൈവത്തെ കണ്ടുമുട്ടാനിടയായി തീർന്നു അതിനുശേഷം കോളേജിൽ അപ്പം അതിനു മുമ്പ് തന്നെ ഞാൻ ദൈവത്തോട് പറയും ദൈവം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ ദൈവത്തിന് വേണ്ടി ഞാൻ ശരിക്കും ജീവിക്കാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി എൻ്റെ ജീവിതം തരും എന്നുള്ളത് അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞ ശേഷം പിന്നെ കോളേജിൽ സാക്ഷിയായിട്ട് നിൽക്കാൻ ദൈവം വളരെ സഹായിച്ചു അത് കഴിഞ്ഞ് ഞാൻ കത്തോലിക്കാ സഭയിൽ തന്നെയാണ് നിൽക്കുന്നത് കത്തോലിക്കാ സഭ വിടണമെന്ന് എൻ്റെ രക്ഷിക്കപ്പെട്ടെങ്കിലും കർത്താവിനെ അനുസരിക്കണം കൂടുതലായിട്ട് അനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സഭയുടെ കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ദൈവചനത്തിൻ്റെ വെളിച്ചത്തിൽ കുറേക്കൂടെ എനിക്ക് വ്യക്തമായി മനസ്സിലായി വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ഒരു അന്വേഷണം ആരംഭിച്ചു ഏതാണ് യഥാർത്ഥ സഭ എന്നുള്ളത് ഇപ്പം ഞാൻ എല്ലാ കോഴിക്കോട്ടുള്ള എല്ലാ കോഴിക്കോടായിരുന്നു ഞാൻ കോഴിക്കോട്ടുള്ള എല്ലാ ചർച്ചിലും കയറി ഇറങ്ങി പത്ത് പതിനാറ് ചർച്ചസിലൊക്കെ രണ്ട ചിലടത്ത് രണ്ടാഴ്ച മുൻപ് ചിലയിടത്ത് ഒരു മാസങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ചെല്ലുമ്പോഴേ എൻ്റെ ഹൃദയത്തിനകത്ത് ഈ ഇതൊന്നും എൻ്റെ സ്ഥലമല്ല എന്നിങ്ങനെ ഒരു ഒരു ബോധ്യം കിട്ടും അങ്ങനെ ഞാൻ അത് വിട്ട് പോകും അതിനിടയ്ക്ക് എന്താണ് ദൈവസഭ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഒരു ചെറിയ ഒരു ഉൾക്കാഴ്ച ദൈവം തന്നായിരുന്നു അത് കൊരന്തലേ അങ്ങനെ ഇല്ല നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരവയവത്തിലും ഒത്തിരി ഒത്തിരി ശരീരം സോറി ഒരു ശരീരത്തിലും ഒത്തിരി അവയവങ്ങളുണ്ട് ഈ അവയവങ്ങളെല്ലാം കൂടെ കോടുമ്പോഴാണ് ശരീരം അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വെളിച്ചം ഇതായിരുന്നു അപ്പോൾ എൻ്റെ കൈയും കാലും ഒക്കെ വെട്ടി മുറിച്ച് കൂടി ആൾക്കാർ പറയും ജൈമോൻ്റെ കൈ കിടക്കുന്നു കണ്ണ് കിടക്കുന്നു കാല് കിടക്കുന്നു എന്ന് പറയും പക്ഷേ ഈ ജൈമോൻ എവിടെയാണ് എൻ്റെ എല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ ഞാൻ അപ്രത്യക്ഷമാണ് അല്ലെങ്കിൽ ഞാനില്ല അപ്പം ഞാൻ ഞാനായിത്തീരുന്നത് എൻ്റെ കണ്ണും കയ്യും കാതും എൻ്റെ അവയവങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥലത്ത് വന്ന് യോജിച്ച് ഒരു കോമണായ കാര്യത്തിനു വേണ്ടി ഏകീഭാവത്തോടെ ഒരേ മനസ്സോടെ ഒരേ ആത്മാവോടെ എന്തോ ഒന്നിനെ എക്സ് അല്ലെങ്കിൽ ഞാനെന്ന പറഞ്ഞ വ്യക്തിയെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് എൻ്റെ അവയവങ്ങളെല്ലാം കൂടെ ഒരുപിടുമ്പോൾ മാത്രമേ ഞാൻ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ഇതുപോലെയാണ് ക്രിസ്തു എന്ന് പറഞ്ഞു ക്രിസ്തുവിൻ്റെ ശരീരം അപ്പോൾ എനിക്കതിൽ മനസ്സിലായി അപ്രകാരം ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് ഓരോ പ്രാദേശിക സ്ഥലത്തും ക്രിസ്തുവിനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആവിഷ്കാരം ക്രിസ്തു എന്ന വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരം നൽകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് എൻ്റെ ഹൃദയത്തിന് മനസ്സിലായി അപ്പോൾ അതിനു മുമ്പ് ഞാനും ഈ മിനിസ്ട്രിയിലും ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതാണ് ദൈവത്തിൻ്റെ പ്രാഥമികമായ ഒരു ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സഭയങ്ങനെ നമുക്ക് തന്നെ അങ്ങ് ഉണ്ടാക്കാൻ ഇത് ഇപ്പോൾ ഇത് ഈ മനസ്സിലാക്കി സത്യം പോലും എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കിയാലും സഭയുണ്ടാകാൻ പോകുന്നില്ല അതിനേസ് പറയുന്ന കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടിയാലും ചർച്ച ഉണ്ടാകത്തില്ല ശരീരത്തലയോട് ബന്ധിക്കപ്പെട്ട് തലയിൽ കൂടെ അതേ ജീവരസത്തെ അവയവങ്ങൾ സ്വീകരിച്ച് ആ തലയുമായിട്ടുള്ള ഒരു ഹാർമോണിയസ് ബന്ധത്തിൽ പോകുമ്പോഴാണ് ഒരു സ്ഥലത്തൊരു ബോഡി അതിൻ്റെ രൂപം അതിൻ്റെ ആവിഷ്കാരം അതിൽ അതിൻ്റെ എക്സ്പ്രഷൻ നൽകുന്നുള്ളു പിന്നെ ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു ദൈവം അങ്ങനെ കുറച്ച് ഒരു പേരെയൊക്കെ കോഴിക്കോട് തന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ തൃശ്ശൂരേക്ക് വന്നു തൃശ്ശൂരേക്ക് വന്നു അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് പിന്നെ എനിക്ക് ഒരു ഒരു ഒരു പ്രാധാന്യം അതിൻ്റെ പ്രാധാന്യത്തെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു സ്ഥലത്തൊരു ഹോസ്പിറ്റലിൽ പോണി വിചാരിച്ചു ആ ഹോസ്പിറ്റലിൽ വലിയ പേര് കേട്ടു ആ ഹോസ്പിറ്റലിന് നല്ലൊരു വർക്ക് ചെയ്യുന്നൊരു ക്യാൻറ്റീനുണ്ട് നല്ല ഫുഡ് കിട്ടും ഫ്രഷാണ് ടേസ്റ്റിയാണ് അതുപോലെ അവിടുത്തെ പാർക്കിങ്ങൊക്കെ വളരെ നല്ല സൗകര്യമുള്ളതാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ആ ഹോസ്പിറ്റലിനോട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും പ്രവർത്തനമല്ല ഈ ഹോസ്പിറ്റലിന് ഒരു പേര് കൊടുത്തത് ഹോസ്പിറ്റലിൻ്റെ പേര് കൊടുത്തത് അവിടുത്തെ മെഡിക്കൽ ടീമാണ് ആ മെഡിക്കൽ ടീമിൻ്റെ എഫിഷ്യൻസിയും അവർ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചതും അതൊക്കെയാണ് ആ ഹോസ്പിറ്റലിൻ്റെ പേര് നിലനിർത്തിയത് ക്യാൻറ്റീനിൽ വർക്ക് വർക്ക് ചെയ്തെന്നുള്ളതും നല്ലത് തന്നെ പക്ഷേ ദറ്റ് ഈസ് നോട്ട് ദ മെയിൻ തിങ് ഇതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യപരിപാടിയുണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അത് ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ നിർണയിച്ച നിർണയങ്ങളാണതൊക്കെ ആ നിർണയം കാലത്തിൻ്റെ തികവിൽ പൂർത്തീകരിക്കപ്പെട്ടോണ്ടായിരിക്കുന്നത് നമുക്കിങ്ങനെ പറയാം ഒരു വലിയ ഒരു ഒരു ചെയിൻ ചെയിൻ ഇങ്ങനെ അപ്പോൾ ഇവിടെ നങ്ങ് വരെ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു കണ്ണി മുറിഞ്ഞു പോയാൽ നമ്മൾ പറയും അത് അറ്റുപോയി എന്ന് പറയും അപ്പോൾ ആ കണ്ണികൾ വിട്ടുപോയെങ്കിൽ വേറൊരു കണ്ണി എടുത്ത് അത് കൊളുത്തി വീണ്ടും ചേർത്ത് വയ്ക്കുമ്പോഴാണ് ആ ചെറിയ ആ കൊളുത്ത് അതിനവിടെ അവിടെ ഒരു സ്ഥാനമുള്ളത് അത് പിന്നെ താഴെ വീണ് പോയെങ്കിൽ അതങ്ങ് വേസ്റ്റായിപ്പോയി അല്ലെങ്കിൽ അത് ആരും കാണുന്നില്ല അച്ചവിട്ടി മതിക്കപ്പെട്ടു പോകുന്നു പക്ഷേ ആ കണ്ണിയിൽ നിലനിൽക്കുമ്പോഴാണ് ആ വളയത്തിന് ഒരു ഒരു ഒരു ഒരു സ്ഥാനമുള്ളൂ എക്സിസ്റ്റൻസുള്ളൂ അതുപോലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പം ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യപരിപാടിയോട് എനിക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചയും അതിനോടുള്ള എൻ്റെ പ്രതിബദ്ധതയും സമർപ്പണവും ആഗ്രഹവും താല്പര്യവും എല്ലാമാണ് എന്നെ ദൈവത്തിന് കണ്ണിയിൽ ചേർത്ത് പണിയാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമുക്കറിയാം പല വളയങ്ങളുണ്ടാക്കാൻ പറ്റും ഇരുമ്പിൻ്റെ ഒരു ചങ്ങലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളാരും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വളയം കൊണ്ടുപോയി അതിന് ചേർത്ത് ഒരു കണ്ണി മുറിഞ്ഞ് വാങ്ങി ചേർത്ത് വെക്കാറില്ല അതിനേതായിരിക്കുന്ന അതിൽ തന്നെയുള്ള ഒരു കണ്ണിയെ കിട്ടു വെച്ചാലേ ശരിയാവത്തുള്ളൂ ഞാൻ അതിനോടൊള്ളമെത്തി ചിന്തിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവം ആദവനെ സൃഷ്ടിച്ചു ആദവനെ സൃഷ്ടിച്ച ശേഷം തനിക്കൊരു തുണയുണ്ടാവാനായിട്ട് ദൈവം അവൻ്റെ മുമ്പിലൂടെ അനേക ജീവജാലങ്ങളെ കടത്തി വിട്ടു എന്നാൽ ഹവയെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസോ എന്ന് പറഞ്ഞു ഈ ആദമൻ്റെ ഏകാന്തത മാറ്റിക്കളയാനായിട്ട് മറ്റൊന്നിനും കഴിഞ്ഞില്ല പൂച്ചയ്ക്ക് കഴിഞ്ഞില്ല പട്ടിക്ക് കഴിഞ്ഞില്ല കൊരങ്ങിന് കഴിഞ്ഞില്ല വിച്ച് ഈസ് മോർ ക്ലോസ് ടു ഹ്യൂമൻ ബീങ് പക്ഷേ ഇതൊന്നും കൊണ്ടും തൃപ്തനാകാതെ വന്നതുകൊണ്ട് ദൈവം ഒന്നിനെ സൃഷ്ടിച്ച് അതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയിൽ നിന്ന് മാംസത്തിൽ മാംസം എന്നവൻ പറഞ്ഞു ഇതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്തോ താല്പര്യങ്ങളുണ്ട് അത് നിവർത്തിക്കാനായിട്ട് ദൈവം ഒരു സൃഷ്ടിയുടെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടായിരിക്കുന്നത് ആ യുഗത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങിയതും അധികം താമസിയാതെ അവസാനിക്കാൻ പോകുന്നതുമായിരിക്കുന്ന ഒരു വലിയ ഒരു ഒരു സംഗതി ദൈവം ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷകരമായിട്ട് ആ കണ്ണിയിൽ ഞാൻ പെടുന്നുണ്ടോ ആ പദ്ധതിയിൽ ഞാൻ പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അതിൽ പെടണമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആദ്യം ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടാവണം അങ്ങനെ വരുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്തെടുത്ത് എന്നെ അതിലാക്കി തീർക്കണമെന്ന് ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ദൈവത്തിൻ്റെ ജീവനാൽ സൃഷ്ടിക്കപ്പെട്ടതും തുടങ്ങിയതും ആവിഷ്കരിക്കപ്പെട്ടതുമായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് ഞാൻ തീരും അത് ദൈവത്തിന് വലിയ സന്തോഷമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഭയങ്കര സംതൃപ്തിയാണ് ഞാനിങ്ങനെ ചിന്തിച്ച ഒരു കാര്യം ഇതായിരുന്നു അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ച ജനിച്ച ആളാണ് ഇസ്മായൽ അതായത് ഹാഗാറിൽ പക്ഷേ അത് വാഗ്ദത്വ സന്ധതി അല്ലാഞ്ഞതുകൊണ്ട് ദൈവം അവളെ അവളെയും മകനെയും പുറത്താക്കാൻ ആവശ്യപ്പെട്ട് അങ്ങനെ പുറത്തുപോയി ഈ ആഗാറിനോട് ആകാർ മരുഭൂമിയിൽ കിടന്നപ്പോൾ നമുക്കറിയാമല്ലോ ഒരു നീര് ഒരു അരുവി പുറപ്പെടുവിച്ചു വെള്ളം കൊടുത്തു ഒരു ദൂതൻ പ്രത്യക്ഷമായി അവൾക്ക് ചില വാഗ്ദാനങ്ങളും കൊടുത്തു അവളിലൂടെ ഉള്ള ഈ സന്തതിയിൽക്കൂടെ പന്ത്രണ്ട് പ്രഭുക്കന്മാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞു അവൾ തിരിച്ച് അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് പിന്നെ പോകുന്നില്ലല്ലോ അവളവിടെ അവളുടെ വീട്ടിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേര് അവളുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ കാണുമെന്നൊക്കെ ചിന്തിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് അവളുടെ വീട്ടിലൊരു കൂട്ടായ്മ കാണും അവൾക്ക് ദൈവത്തെക്കുറിച്ച് നല്ല വിശ്വാസമുണ്ട് കാരണം ദൈവമാണ് മരിക്കാൻ കിടന്ന എനിക്ക് വെള്ളം തന്നെ എൻ്റെ മകനെയും എന്നെയും രക്ഷിച്ചത് അത് സ്വന്തമല്ല ഭാവിയിലെക്കുറിച്ച് വലിയ വാഗ്ദാനങ്ങളുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടും ദൈവത്തിൻ്റെ യഹോവയുടെ നാമത്തിൽ തന്നെ ഒരു കൂടിവരവും ഒരു പ്രാർത്ഥനയും ഒക്കെ ആ വീട്ടിൽ ഉണ്ടായിരിക്കാം എൻ്റെ ഭാവനയാണ് അബ്രഹാമിൻ്റെ വീട്ടിലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പറയുകയും വിസ്വാഹിനെ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചും വിസ്വാഹാക്ക് തീർച്ചയായും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമായിരിക്കും എന്തിനാണ് നമ്മൾ പിതാവിൻ്റെ ദേശം വിട്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുമായിരിക്കും അതിനെല്ലാം മറുപടിയായിട്ട് അവനും പല കാര്യങ്ങളും വേദവസ്ത നിന്നും അല്ലാതെ വേദപുസ്തവില്ല പക്ഷേ ദൈവം അവനോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കാണും ശരിക്കും പറഞ്ഞാൽ അവരുടെ വീട്ടിലൊരു പ്രയർ ഉണ്ടായിരിക്കും ലോകപ്രകാരം ഞാൻ അവിടെ ചെല്ലുകയാണെങ്കിൽ അന്വേഷിച്ച് ഒരന്വേഷിക്കായിട്ട് ചെല്ലുകയാണെങ്കിൽ ഞാൻ എവിടെ ചെല്ലപ്പെടാനാണ് അല്ലെങ്കിൽ എവിടെ സെറ്റിൽ ചെയ്യപ്പെടാനാണ് സാധ്യത കൂടുതൽ ഞാൻ സെറ്റിൽ ചെയ്യപ്പെടാനുള്ള സാധ്യത മിക്കവാറും ആഹാകാരൻ്റെ അടുത്തായിരിക്കും കാരണം അവിടെ വണ്ടർഫുൾ ടെസ്റ്റുമണിയുണ്ട് ആ ടെസ്റ്റ് സത്യമാണ് ആ സ്വന്തം അല്ല ഒരു പക്ഷെ തുടർന്ന് അവളുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു കാണും നമ്മൾ ചോദിക്കുക അപ്പുറത്തെ കൂട്ടായ്മയുടെ കാര്യമൊക്കെ അപ്പോൾ അബ്രാഹ്മൻ ചെയ്ത അവളുടെ ദൃഷ്ടിയിലെ അനീതിയായ കാര്യം അവൾ പറയും അതെല്ലാം കേൾക്കുമ്പോൾ ഞാനും മനസ്സ് പുതുക്കപ്പെടാത്ത അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാനത് അതിനനുസരിച്ച് ഒരു ഞാൻ പറയും അതുകൊണ്ട് ഞാനിവിടെ തന്നെ പോകുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ സെറ്റിൽ ചെയ്യും പക്ഷെ നമുക്കറിയാവല്ലോ അവർ ദൈവത്തിൻ്റെ ഈ കണ്ണിയിൽപ്പെട്ടവരായിരുന്നില്ല ദൈവത്തിൻ്റെ കാര്യപരിപാടിയും ദൈവത്തിൻ്റെ പ്രോസസ്സും ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോയത് അബ്രാഹാമിലൂടെയും ഇസ്വാക്കിലൂടെയും യാക്കോവിലൂടെയും അങ്ങനെ ഇസ്രായേലിലൂടെയും അങ്ങനെ പോവുക ചെയ്യുന്നത് അപ്പൊ ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ ആവിഷ്കാരത്തിൽ ദൈവത്തിന് ഒരു കണ്ണി ഉണ്ടാക്കിയെടുത്തെങ്കിൽ ആ കണ്ണിയിൽ ഇവരുടെയൊക്കെ പേരുകളാണ് കാണുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു ഇസ്ഹാക്ക് തൻ്റെ വധുവിനെ തേടി പിതാവിൻ്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് ചർച്ചക്കാരുടെ ഇടയിലേക്ക് ഇലയാസർ പോവുകയാണ് ഇസഹാക്കിന് വേണ്ടിയിട്ട് അവിടെ റബാക്കയെ ചെല്ലുന്നുണ്ട് റബാക്കയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ല ദൈവത്തോട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുകയാണെങ്കിൽ അവളെ നീ യജമാനെ നിയമിച്ചിരിക്കുന്ന പെൺകുട്ടിയാണെന്ന് ഞാൻ വിചാരിക്കും കരുതും അറിയും എന്നൊക്കെ പറഞ്ഞ് അവന് നല്ല വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു ദൈവത്തിലെ ഹോവയായ ദൈവത്തിൽ യജമാനെ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമായിട്ട് അവൻ നന്നായി അറിഞ്ഞിരുന്നു അങ്ങനെ നമുക്കറിയാവല്ലോ ചരിത്രം ഞാൻ എളുപ്പമെന്ന് കടന്നു പോകട്ടെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ് അവരെ ഭക്ഷണത്തിന് വിളിച്ചു അപ്പം പറഞ്ഞു ഞാൻ വന്ന കാര്യം പറയാതെ ഭക്ഷണം കഴിക്കില്ലായെന്ന് പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു അപ്പോൾ അവരതിന് സമ്മതമൊളി സമ്മതമൊഴി ഇങ്ങനെ പറയുന്നത് യഹോവയാൽ ഈ കാര്യങ്ങൾ വരുന്നു എനിക്ക് ഗുണം ദോഷമൊന്നും പറയാൻ വയ്യ വേറെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ യഹോവയുടെ പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ ലാഭാൻ എത്ര കളിപ്പിക്കുന്ന ആളാണെന്നൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ വായിക്കും മനസ്സിലാവുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയുടെ പേരൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ യാഥാർത്ഥ്യങ്ങളില്ലാത്തൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് ഒരു പക്ഷേ ഈ റബയൊക്കെ ചിന്തിച്ചു വേണം എബ്രഹാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ബന്ധുണ്ടായിരുന്നു അദ്ദേഹം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് എങ്ങോട്ടോ പോയി എൻ്റെ അപ്പനും യഹോബയുടെ ആമത്തി പറയുന്നുണ്ട് പക്ഷേ അവൻ്റെ ക്യാരക്ടറിലൊന്നും ഒരു വ്യത്യാസം കാണുന്നില്ല സോ ഈ അബ്രഹാമിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഈ ദൈവത്തെക്കുറിച്ച് കൂടുതലൊന്നറിയാമായിരുന്നു എന്ന് പറഞ്ഞൊരു അന്വേഷിക്കുന്ന പെൺകുട്ടിയായിരിക്കണം അല്ലായിരുന്നെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് കാരണം അവർ അവർ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ പോകാമെന്ന് പറയുന്നത് അലയാസറ് ഞങ്ങൾ പോവുകയാണ് പുറപ്പെട്ടു അപ്പോൾ പറയുന്നുണ്ട് ഓക്കെ പെൺകുട്ടിയോട് ചോദിക്കട്ടെ ഒരു പത്ത് ദിവസം കൂടെ താമസി താമസിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞപ്പം അലയാസറ് പറഞ്ഞു അല്ല എഹോബ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തന്നുകൊണ്ട് വേഗം തിരിച്ചു പോണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബാലയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ബാലയോട് ചോദിച്ചപ്പം അവള് പറഞ്ഞു പോകാൻ റെഡിയാണെന്ന് പറഞ്ഞു ഞാൻ ചിന്തിക്കായിരുന്നു ഒരു പെൺകുട്ടി അങ്ങനെ അന്യപുരുഷൻ്റെ കൂടെ അന്യദേശത്തേക്ക് ഭാര്യയായിത്തീരാൻ തക്കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകാൻ തക്കൊണ്ടുള്ള ഒരു ഉറപ്പെങ്ങനെ കിട്ടി ഷീ മസ്റ്റ് ഹവ് ഇൻ എ പേഴ്സൺ ഹൂ ഈസ് ലിസണിംഗ് ടു ഗോഡ് ദൈവത്തെ കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അവൾ അവളുടെ ഹൃദയത്തിൽ ഈ ചിന്തകളൊക്കെ കടന്നു കാണും അപ്പോൾ അവളിങ്ങനെ വിചാരിച്ച് എനിക്ക് എങ്ങനെയാൽ അബ്രഹാമിനെ കണ്ടുമുട്ടിയാൽ സത്യദൈവത്തെ അറിയാൻ കഴിയും അതവളുടെ ഹൃദയത്തിൽ ദാഹമായിരുന്നു അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ ദൈവം അവളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും ചില ഉറപ്പുകൾ കൊടുക്കുന്നുണ്ടായിരിക്കും അതിൻപ്രകാരം ഈ ഒരു വഴി തുറന്നപ്പോഴത്തേക്കും അവളുടെ ഹൃദയത്തിൽ അന്തരാത്മാവിൽ ദൈവം ഉറപ്പ് കൊടുത്തു ദിസ് ഈസ് സംതിങ് വിസ് ലെഡ് ബൈ മീ അല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് നമുക്കറിയാം രൂത്തിൻ്റെ രൂത്തും ഇതുപോലെ ഒരു മോബ്യ സ്ത്രീ ആയിരുന്നെങ്കിലും അവളും ദൈവത്തെ അറിയാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ലൈഫ് തന്നെയും റിസ്ക് ചെയ്തുകൊണ്ട് ഒരു അന്യദേശത്തേക്ക് അവിടെ എന്താ സംഭവിക്കുക ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതൊന്നും ചിന്തിക്കാതെ ഇസ്രായേലിൻ്റെ ചിറങ്ങിൻ്റെ കീഴിൽ ശരണം പ്രാപിച്ചുകൊണ്ട് അവൾ അവിടേക്ക് സ്റ്റെപ്പുകളെടുത്ത് വെച്ച് പോയി തൻ്റെ ചർച്ചക്കാരെയും ഭവനക്കാരെയും എല്ലാം വിട്ടിട്ട് ഇതുപോലെ രൂത്തും ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ട് നിർണായകമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയി അങ്ങനെ ഇസാക്കിൻ്റെ ഭാര്യയായി തീർന്നു പത്ത് വർഷത്തേക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല കുട്ടികളുണ്ടായപ്പോഴത്തേക്കും അവർ ബയറ്റിൽ ിക്കും തിരക്കുണ്ടാക്കി അപ്പൊ ദൈവത്തോട് അവൾ അവൾ ദൈവത്തോട് ചോദിക്കാൻ പോയി എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ദൈവത്തോട് ചോദിക്കുന്ന ദൈവത്തെ കേൾക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവള് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയത് അത് സ്വന്തമല്ല അവര് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഒരു സ്ഥാനം ലഭിച്ചവളായി അവൾ തീർന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വിവേചനം നമുക്ക് വേണം യഹോബ നാമത്തിൽ വിളിച്ചപേക്ഷിച്ചതുകൊണ്ടോ വണ്ടർഫുൾ ആയിരിക്കുന്നൊരു ടെസ്റ്റുമണിയും ഉള്ളതുകൊണ്ടോ ദൈവം തുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ മഴ പെയ്യ്ക്കുകയും നന്മ കാണിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അതിൻ്റെ ഒന്ന് അടിസ്ഥാനത്തിൽ നമ്മൾ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് മറിച്ച് നമുക്ക് വ്യക്തിപരമായിട്ട് ദൈവത്തിൽ നിന്ന് ഉറപ്പുകളും വെളിപ്പാടുകളും ആഴമാറിയിരിക്കുന്ന നിർണയങ്ങളും നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുകയും അതിൻ പ്രകാരം സ്റ്റെപ്പുകൾ വയ്ക്കാൻ നമ്മൾ വില കൊടുക്കാനുള്ള മനസ്സോടുകൂടെ യാഗപടത്തോട് ബന്ധിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മൂമെൻറ്റ് നമ്മുടെ ലൈഫിലുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ നമ്മൾ പെടത്തുള്ളൂ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ എളുപ്പമാണ് കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ നമുക്കായിത്തീരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെഡിക്കൽ ആ മെഡിക്കൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ടീമാണ് ആ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലാക്കി തീർക്കുന്നത് അവിടുത്തെ ക്യാൻറ്റീൻകാരല്ല ഗാർഡന് ഗാർഡൻ ഉണ്ടാക്കുന്ന പൂന്തോട്ടം നോക്കുന്ന ആൾക്കാരല്ല അതിൻ്റെ ട്രാൻസ്പോർട്ടർ ചെയ്യുന്ന ആൾക്കാരുമല്ല സ്വീപ്പേഴ്സും അല്ല ഇവരൊന്നുമല്ല ആ മെഡിക്കൽ ടീം അതുപോലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ അത് പൂർത്തീകരിക്കാൻ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ സഭയാണ് അല്ലെങ്കിൽ സഭയെക്കുറിച്ച് ദർശനം പ്രാപിച്ചിട്ടുള്ള ആത്മാക്കളാണ് അങ്ങനെ ഒന്ന് കാര്യം നമ്മുടെ ഉള്ളിൽ ഉളവായി വരിക ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കാര്യം ചെറിയൊരു ബുക്ക്ലെറ്റ് ഞാൻ വായിക്കാനിടയിൽ അതിനകത്ത് അത് നമ്മുടെ ഭക്തസ്യം എഴുതിയതാണ് പത്ത് മുപ്പത് വർഷം മുമ്പ് എനിക്ക് കിട്ടിയ വരണമായിരുന്നു ഞാൻ അന്നത് ഒരു ആകർഷണം തോന്നിയതുകൊണ്ട് ഞാനത് എടുത്തു വെച്ചു ഇപ്രാവശ്യം വന്നപ്പോൾ എൻ്റെ പഴയ ശേഖരങ്ങളിലത് കൂത്തി കൂത്തി എല്ലാം വരെ നഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പണ്ടേ വായിക്കണം വിചാരിച്ചതാണല്ലോ ഞാൻ പേജൊക്കെ തപ്പി പിടിച്ച് വായിച്ചു അപ്പോൾ എഴുതിയ അത് സ്പർശിച്ചു അതിതാണ് അദ്ദേഹം അതിലെഴുതിയത് എൻ്റെ പേരിതാണ് വോയിസ് ഓക്കോ എന്നുള്ളതാണ് അതിലിങ്ങനെ എഴുതിയിരിക്കായിരുന്നു യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ കസിൻ ആയിരുന്നു അതറിയാലല്ലേ എലിസബത്തിൻ്റെ മകനായിരുന്നു എലിസബത്ത് മറിയുടെ ചാച്ചക്കാരിയാണ് ഒരേ ദൂതൻ വന്നിട്ട് മറിയോട് പറയുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് അവൾ അവിടെ പോയി പാർത്തു നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ഈ പാർത്ത് സമയങ്ങളിൽ ഈ മാതാവ് മേരി തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതും ദൂതം വന്ന് സംസാരിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവളോട് പറഞ്ഞു കാണും അതുകൊണ്ട് യോഹന്നാൻ ജനിച്ചു കഴിഞ്ഞപ്പം യോഹന്നാനോടും എലിസബത്ത് പറഞ്ഞു കാണും യോഹന്നാന് തൻ്റെ കസിനായിരിക്കുന്ന യേശു ക്രിസ്തു യേശു എന്ന് പറയുന്നതിനേക്കാൾ യേശു അന്നേരം യേശു ആയിട്ട് യേശു ഒരു എന്തോ അമാനുഷ്ഠികത യേശുവിനോടുള്ള ബന്ധത്തിലുണ്ടെന്നറിയാം പക്ഷേ യേശു ക്രിസ്തു 30 വയസ്സായ മുപ്പത് വയസ്സായിട്ടും പുള്ളി ഇതുവരെ ഒരു പ്രസംഗവും ചെയ്യുന്നില്ല ഒരു അത്ഭുതവും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് യോഹനാൻ യോഹനാൻ ആണെങ്കിൽ വന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാനായിട്ടാണ് അവന് മുൻ അവന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മരുഭൂമിയിൽ ശബ്ദമായിട്ട് വന്നതാണ് പക്ഷേ ആരാണ് യേശു ക്രിസ്തു യോഹനാൻ യാതൊരു ഐഡിയയില്ല എന്നാൽ ഒരു ചെറിയ സംശയം ഉണ്ട് താനും അതുകൊണ്ടാണല്ലേ സ്നാനം എടുക്കാൻ വന്നപ്പോഴത്തേക്കല്ല ഞാൻ സ്നാനം ഞാൻ സ്നാനം മറ്റുള്ളവർക്കാണ് അല്ലെങ്കിൽ നിന്ന് നിനക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക കാരണം അവരുടെ ലൈഫൊക്കെ വളരെ ഗുഡാണ് പക്ഷേ ഒരു ദൈവത്തിൻ്റെ അഭിഷക്തനായ ക്രിസ്തുവായിട്ട് അറിയത്തില്ല അങ്ങനെ ഇരുന്നപ്പം അവൻ സ്ന അല്ല ഇത് സർവ്വനീതി നിവർത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ യോഹൻ ഞാൻ സ്നാനം നൽകി ഉടനെ പരിശുദ്ധാത്മാവ പ്രാവനിരൂപത്തിൽ അവൻ്റെ മേൽ വന്നു ഇവൻ എൻ്റെ പ്രിയപുത്ര ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള ശബ്ദം വയലിൽ നിന്നുണ്ടായി ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പിറ്റേനാൾ യേശു ക്രിസ്തു കടന്നുപോയപ്പോൾ യേശു അതിലെ കടന്നുപോയപ്പോൾ അവൻ പറഞ്ഞു ഇതാ കൈ ചൂണ്ടി വളരെ ആത്മീയ അധികാരത്തോടെ നിർണയത്തോടെ ബോധ്യത്തോടെ ഉറപ്പോടെ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു എങ്ങനെയാണ് യോഹനാന് ഈ ഉറപ്പ് കിട്ടിയത് ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടപ്പോഴാണ് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള അതുവരെ യേശു അല്ലെങ്കിൽ യേശുവിനെ അറിയുന്നത് ഒരു കസിനായിട്ട് മാത്രമേ ഉള്ളൂ യേശുവിനെ കുറിച്ചും പല കാര്യങ്ങൾ അറിയാമായിരുന്നു പക്ഷെ ഒരിക്കൽ ആ ദൈവശബ്ദത്തിന് മുമ്പാകെയാണ് അത് ക്രിസ്തുവാണെന്നുള്ളൊരു വെളിപ്പാട് അവന് കിട്ടുന്നത് നമ്മളും നമ്മൾ ജനിച്ചു വീണം സഭകളിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ സ്റ്റഡിയിലൂടെ കേട്ടിട്ടുണ്ടായിരിക്കാം പലതും നമ്മളെ നമുക്കും വേണമെങ്കിൽ ഒരു ചെറിയ ബുക്കിലേക്ക് എഴുതാനുള്ള കഴിവ് മാത്രമുള്ളവരായിട്ടും നമ്മൾ തീർന്നിരിക്കാം നിരീക്ഷനവാദികൾ ക്രിസ്ത്യനെ ഒത്തിരി കാര്യങ്ങൾ എഴുതാറുണ്ട് അല്ലെങ്കിൽ ലോകമനുഷ്യർ എഴുതാറുണ്ട് രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും അവൻ ഏറ്റവും വലിയ വിപ്ലവാരിയായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ എഴുതാറുണ്ട് മനുഷ്യ സ്നേഹിയായിട്ട് പലരും എഴുതാറുണ്ട് പക്ഷേ ക്രിസ്തുവിനെ യേശുവിനെ ക്രിസ്തു ആയിട്ട് അറിയുന്നത് ദൈവം ശബ്ദിക്കുമ്പോൾ മാത്രമാണ് പത്രോസിനും യേശു ആരാണെന്ന് ചോദിച്ച ചോദ്യത്തിന് മുമ്പാകെ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് മനുഷ്യനല്ല നിനക്ക് മനസ്സിലാക്കി തന്നത് ബുദ്ധിയും പ്രമാണങ്ങളും ഒന്നുമല്ല മറിച്ച് സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെയുള്ളൊരു വെളിപ്പാടിൻ്റെ മുകളിലാണ് നമ്മുടെ ലൈഫും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ എല്ലാം മാറുന്നത് അങ്ങനെയുള്ളൊരു ഭാഗ്യവാന്മാരാണെന്നാണ് യേശു പറഞ്ഞത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ അതിലെഴുതിയിരിക്കുന്ന ചെറുതായ കാര്യം എന്നെ സ്പർശിച്ചതാണ് ദൈവശബ്ദം കേൾക്കാതെ നമ്മുടെ ജീവിതത്തിലൊരു വ്യത്യാസവും വരത്തില്ല നമ്മൾ എന്തെല്ലാം ബാക്കിയെല്ലാം നമ്മൾ കേട്ടറിഞ്ഞിരുന്നാലും കാര്യത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഞാനെപ്പോഴും പഴയ മനുഷ്യനായിട്ടിരിക്കുന്നതിന് കാരണം ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ദൈവശബ്ദത്തിന് മുമ്പാകെ മൂല്യനിർണയങ്ങൾ മാറ്റപ്പെടുന്നു ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ ആന്തരിക മനുഷ്യനെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കാര്യം ഒരു ബ്രവർ വന്നപ്പോൾ ചോദിച്ചു എന്താ വേറെ ഈ കൈകാര്യം ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്നു പറഞ്ഞു എന്നാൽ എന്താ അതിൻ്റെ അർത്ഥം ദൈവം ഡീൽ ചെയ്യുന്നു എന്ന് പറയാറില്ലേ അപ്പം ഞാനിങ്ങനെ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലങ്ങ് വന്ന പെട്ടെന്നൊക്കെ പറഞ്ഞു ഈ ചിലപ്പോൾ ചില ബസ് ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പിലുണ്ടാവും കഞ്ചാവും വലിച്ച് വൈകുന്നേരം ആകുമ്പം ചെറുപ്പക്കാരിങ്ങനെ കൂടിയിരുന്ന് കമൻ്റടിക്കാനൊക്കെ ആയിട്ടിരിക്കുന്നവർ അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് പേർക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇത് വലിയ ശല്യാണ് കുറച്ചുപേർ തീരുമാനിച്ച് ഒന്ന് പോയി പെരുമാറണമെന്ന് വിചാരിച്ച് അവർ പോയി ഒരു ഒരു ഒന്ന് കൈകാര്യം ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവരെ കണ്ടില്ല അടുത്ത ദിവസം തൊട്ടവിടെ അപ്പം വേറെയെല്ലാം ആൾക്കാരെ ചോദിച്ച് എന്ത് എന്ത് ഇപ്പം ഒന്നും അവരെ കാണുന്നില്ലോ അവരെ കുറച്ച് ചെറുപ്പക്കാരെ തീരുമാനിച്ച് അവരെ പോയി ഒന്ന് കൈകാര്യം ചെയ്തു അപ്പോൾ ആ കൈ ഒന്ന് പെരുമാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വ്യത്യസ്തരായി മാറി പിന്നെ അവിടെ വരുന്നില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏതോ വിധത്തിലൊന്ന് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പഴയ പോലെ ആവർത്തിക്കില്ല അപ്പം ദൈവത്താൽ കൈകാര്യം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നീട് ആവർത്തിക്കാൻ വയ്യാത്ത രീതിയിലുള്ള എന്തോ ഒരു ഇടപെടൽ ദൈവം ജീവിതത്തിൽ തന്നു അതിൽ ക്ഷതം ഉണ്ടാവാം ഇപ്പം യാക്കോബിൻ്റെ കാലുളുക്കിപ്പോയി അതുപോലെ എന്തെങ്കിലും കാണുമായിരിക്കാം പക്ഷേ ആത്യന്തികമായിരിക്കുന്ന റിസൾട്ട് നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞല്ലോ ആരും എന്നെ കണ്ടിട്ട് പിന്നെ ജീവനോട് ഇരുന്നിട്ടില്ല ആരും ദൈവത്തെ കണ്ടിട്ട് ജീവനോട് ഇരുന്നിട്ടില്ല ദൈവത്തിൻ്റെ ആന്തരിക ദർശനങ്ങളെ കണ്ട ശേഷം പിന്നെ നമുക്ക് പഴയ പോലെ തുടരാൻ പറ്റില്ല അപ്പൊ ആ ഭക്തസിംഗ് ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ അങ്ങനെ സംസാരം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കണ്ടമിനേഷൻ മാറിപ്പോവും നമ്മുടെ ഭാരങ്ങൾ മാറിപ്പോവും നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വ്യത്യാസം വരും നമ്മുടെ പ്രയോറിറ്റീസ് വ്യത്യാസം വരും നമ്മുടെ ജീവിതത്തിലാകപ്പെടാൻ വ്യത്യാസം വരും അതുകൊണ്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നാം ദൈവത്തെ കേൾക്കുക എന്നുള്ളതാണ് അറിവിലേക്കല്ല ദൈവശബ്ദം തന്നെ കേൾക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ അവിടെ ഷെയർ ചെയ്യപ്പെട്ട വചന ഇതായിരുന്നു യേശുക്രിസ്തു പരീക്ഷിക്കപ്പെടാനായിട്ട് മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു നേരത്തെ പറഞ്ഞതുപോലെ ഈ മുപ്പത് വയസ്സ് വരെ അവൻ അത്ഭുതങ്ങൾ ചെയ്തില്ല പ്രസംഗമൊന്നും ചെയ്തില്ല പക്ഷേ അവനെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തി മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പാകെ പ്രീതിയുള്ളവനായിട്ട് അവൻ വളർന്നു വന്നു ദൈവ കൃപയിലവൻ വളർന്നു വന്നു അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം അവൻ ജീവിച്ചു അത് രണ്ടു കാര്യമായിരുന്നു ഒന്ന് മാതാപിതാക്കളൊക്കെ കീഴടങ്ങിയിരുന്നു സബ്മിഷൻ രണ്ടാമത്തത് ഒബീഡിയൻസ് ടു ദ ഫാദർ ഈ രണ്ട് കാര്യവും ചെയ്ത് മുപ്പതാമത്തെ വയസ്സിൽ അവൻ ശുശ്രൂഷ ഇറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്നാന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രാവണരൂപത്തിൽ അവൻ്റെ മേൽ വന്നു അതിനു മുമ്പും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്നെയായിരുന്നു എങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേക എക്വിപ്മെൻ്റ് അവൻ മരുഭൂമിയിലേക്ക് ആത്മാവ് നടത്തി എന്നാണ് പറയുന്നത് അപ്പം യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവാണ് മരുഭൂമിയിലേക്ക് നടത്തിയത് അപ്പം നമ്മൾ ചിലപ്പം ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പൊക്കെ എടുത്ത് വെച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഒരു നല്ല നല്ല തീരുമാനങ്ങളുമൊക്കെ എടുത്ത് പലതുമൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ ഉടനെ തന്നെയാണ് ഒരു മരുഭൂമിയുടെ അവസ്ഥയായിരിക്കും ഉള്ളത് അപ്പോൾ നമ്മൾ ചിന്തിക്കരുത് അയ്യോ ഇനി എന്തോ എൻ്റെ ജീവിതത്തിൽ വലിയ കുഴപ്പം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ധരിക്കരുത് മറിച്ച് ആത്മാവായിരിക്കാൻ നമ്മളെ അങ്ങനെ മരുഭൂമിയുടെ അവസ്ഥയെ കൊണ്ടുപോയത് എന്തിനാണത് ഒന്ന് ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കാൻ രണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന മരുഭൂമിയുടെ മേൽ അതൊഴിഞ്ഞു പോകാനല്ല അതിൻ്റെ മേൽ കയറി നിൽക്കാൻ അല്ലെങ്കിൽ അതിന്മേൽ അതിനെ കീഴടക്കാൻ അതിനെ കോൺക്റിയാൻ അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉദ്ദേശം നമുക്കറിയാം വെളിപാട് പുസ്തകത്തിലെ സഭയോടൊക്കെ പറയുമ്പോൾ ജയിക്കുക ജയിക്കുക ജയിക്കുക എന്നാണ് പറയുന്നത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ് നമ്മൾ ഓവർ കമ്മേഴ്സായിരിക്കണം ഏത് സാഹചര്യത്തിന്മേലും പത്രപ്രാവശ്യം തോറ്റാലും പതിനൊന്നാമത്തെ പ്രാവശ്യവും പൂവ വിട്ടുകളയാതെ അതിനോട് മല്ലുപിടിച്ച് അവൻ ഉഷസോളം മല്ലുപിടിച്ചെന്നാണ് പറയുന്നത് എത്ര മണിക്കൂറാണെന്ന് വിചാരിച്ച് നോക്കിയാൽ നമ്മളാണെങ്കിലൊന്നും ഉറങ്ങാതെയൊക്കെ ഇരിക്കാനാണ് എന്ത് പാടാം ഇവിടെ രാത്രി മുഴുവൻ അവൻ മല്ലുപിടിച്ചു അതുപോലെ ഒരു മൽപ്പിടുത്തത്തിലൂടെ നമ്മുടെ പേരും എല്ലാം ചെയ്ഞ്ച് ചെയ്യപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ഒരു മൽപ്പിടുത്തത്തിലൂടെ നമ്മുടെ സാഹചര്യങ്ങളെ കോൺക്രി ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പം കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്ത കാര്യം ഇതായിരുന്നു ഈ അതിനുശേഷം മരുഭൂമിയിലേക്ക് നടത്തി നമുക്കെല്ലാം അറിയാവുന്നത് പോലെ മൂന്ന് പരീക്ഷകൾ പിശാജ് അവനെ പരീക്ഷിക്കുകയായിരുന്നു അതിലൊന്ന് അവൻ വിശന്നു അപ്പം കല്ല് അപ്പമായി തീരാനായിട്ട് പറയാനായിട്ട് പിശാജ് പറഞ്ഞു ആ സമയത്ത് ഈ എന്താണെന്ന് അവിടെ യേശു ഒരു ഒരു നീട് വന്നു നീടെന്ന് പറഞ്ഞത് വിശക്കുക ഒരു ഫിസിക്കൽ നീഡ് വന്നു ഫിസിക്കൽ നീഡ് വന്നപ്പോൾ ആ നീഡ് ഫിസിക്കലായിട്ട് തന്നെ മീറ്റ് ചെയ്യാനായിട്ട് പിശാജി ഒരു പ്രേരണ കൊടുത്തു അപ്പോൾ കർത്താവ് പറഞ്ഞു മനുഷ്യൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൂടി കൊണ്ടാണ് ജീവിക്കുന്നത് വെറും അപ്പം കൊണ്ടല്ലാന്ന് പറഞ്ഞു ജീവിതത്തിൽ ഇതുതന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു നീഡുണ്ട് ഒരു ഒരു റിയൽ ആയിട്ടുള്ള നീഡുണ്ട് പക്ഷെ ആ നീഡ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് മുഴുവനും ഒരു ഭൗതിക രീതിയിൽ കൂടെ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക ഒരു പക്ഷേ ആ സോഴ്സ് അല്ലെങ്കിൽ ഈ ജോലി അല്ലെങ്കിൽ അവിടെ പോയി ചെറിയ കടം മേടിച്ചാൽ അല്ലെങ്കിൽ ഈ ലോൺ പാസ്സായാൽ ഇങ്ങനെയുള്ള നൂറ് നൂറ് കാര്യങ്ങളാൽ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ഓക്കിപ്പൈഡ് ആക്കി വ്യർത്ഥിലാക്കി നമുക്കറിയാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം നമ്മൾ പുതിയ മനസ്സുള്ളവരായി തീർന്നു സ്വർഗ്ഗതലങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീർന്നു ആത്മാവിൽ നമ്മൾ സ്വർഗ്ഗതലങ്ങളിൽ നമ്മളെ ഇരുത്തി എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ നിന്ന് താഴേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പിശാജിൻ്റെ പരിപാടി വേറെ തിരി പറഞ്ഞാലിങ്ങനെ പറയാം നമ്മൾ പുതിയ മനസ്സ് കിട്ടി പുതിയ ഹൃദയം കിട്ടി പുതിയ കാഴ്ചപ്പാട് കിട്ടി നാം പുതിയൊരു മനുഷ്യനായി തീർന്നു പുതിയൊരച്ചിൽ വാർക്കപ്പെട്ട എന്തോ ഒന്ന് എൻ്റെ പുതിയ അച്ചിൽ പക്ഷേ പിശാജ് എന്താ ചെയ്യുന്നത് ആ അച്ചിൽ പൊളിച്ചിട്ട് ഈ ലോകമനുഷ്യനെ എങ്ങനെ വാർത്തെടുത്തിരിക്കുന്നോ അതേ അച്ചിലേക്ക് തന്നെ എന്നെ മടക്കിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം അതിനാണ് യേശുവിൻ്റെ ഇടയ്ക്ക് വന്നത് പക്ഷേ അതവൻ ജയിച്ചു രണ്ടാമത്തെ ദേവാലയത്തിൻ്റെ ആഗ്രഹത്തിൽ കൊണ്ടുപോയി നിർത്തി വേർത്തി പറഞ്ഞാൽ ആത്മീയമായിരിക്കുന്ന ചില പരീക്ഷകൾ കൊടുത്തു ഒരുപക്ഷെ ചർച്ചിൽ നൂറുപേരെ എഴുപ്പം നമ്മളൊരു സാക്ഷ്യം പറഞ്ഞ് പത്ത് പേരെഴുന്നേറ്റ് വന്നിട്ട് ഒരു പക്ഷെ അതിനെ അതിനെ റെഫർ ചെയ്തായിരിക്കാം അതെൻ്റെ ഹൃദയത്തിൽ ഭയങ്കര നീളത്തിലേക്ക് കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പിന്നെ മൂപ്പന്മാരെ അനുസരിക്കാൻ പറ്റില്ല ആരെയനുസരിക്കാൻ വയ്യാത്ത ഒരു വല്ലാത്ത നീളം ദൈവം എന്നെ നടത്തുന്നുണ്ട് നിങ്ങൾക്കറിയുമോ വേർത്തി പറഞ്ഞ ഒരു ആത്മീയ നികളത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോയി അപ്പം ഭർത്താവ് പറഞ്ഞു ആ പരീക്ഷ മുമ്പിൽ എന്താ പറയുക പറയുന്ന മനസ്സ് ദേവാലയത്തിന് മുമ്പിൽ കൊണ്ടുപോയി ചാ ചാടാനായിട്ട് പറഞ്ഞു അതായത് പിന്നെയും ഒരു എന്തിനുള്ള എന്തെങ്കിലും ഗിഫ്റ്റിനെ ജനങ്ങളുടെ ഇടയിൽ കാണിച്ചിട്ട് ഒരു ഒരു അപ്രിസിയേഷൻ വാങ്ങാനായിട്ടുള്ള ഒരു പരീക്ഷ അവിടെ കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ് പിന്നെ ലോകത്തിലെ സകല മഹത്വവും എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് എന്നെ നമസ്കരിക്കുകയാണ് ഇതെല്ലാം തരാമെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എന്തോ ഒന്നിനാൽ വീണ്ടും പിടിക്കപ്പെടാൻ വേണ്ടിയുള്ളൊരു പരീക്ഷ അവന് മുമ്പിൽ വന്നു ലോകത്തിൽ എന്താ വിലയുള്ളത് പണമാണ് ഏറ്റവും വിലയുള്ളത് സ്ഥാനമാണ് വിലയുള്ളത് അങ്ങനെ മറ്റ് പലതിനാണ് വിലയുള്ളത് ഇതേ കാര്യങ്ങളാൽ തന്നെ ഒരു ഒരു വാർപ്പ് യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ നടന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് പിഷായന് തോന്നി അവൻ്റെ പരിപാടി നടത്താൻ പറ്റും അതിനുവേണ്ടി അവനെ പരീക്ഷിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ കർത്താവ് അതിനെയൊക്കെ ജയിച്ചു ജയാളിയായിട്ട് പുറത്തു വന്നു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭൗതികമായിരിക്കുന്ന ഒരച്ചിൽ ലോകപ്രകാരമുള്ളൊരച്ചിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട അകത്തെ കുഞ്ഞു മനുഷ്യനെ വളരാൻ അനുവദിക്കാതെ ലോകപ്രകാരമുള്ളൊരച്ചിൽ അതിനെ ഇട്ടി ഞെരുക്കി അതേ ഷേയ്പിൽ പുറത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് വർഷം കഴിയുമ്പം ചർച്ചിലൊക്കെ അയക്കിയ പക്ഷേ കുഴപ്പമൊന്നുമില്ല പത്ത് വർഷം കഴിയുമ്പോഴും ഇതേ അച്ചിൽ തന്നെ നീയിരിക്കണം അല്ലെങ്കിൽ അതുപോലെ ആയിത്തീരണം എന്നാണ് വിശാലാഗ്രഹിക്കുന്നത് ഈ പരീക്ഷയെ നമ്മൾ മുൻപിൽ നേരത്തെ തന്നെ കണ്ട് അതിനോട് എതിർത്ത് നിൽക്കണം നമ്മുടെ മനസ്സ് പുതുക്കപ്പെടാതെ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല പലപ്പോഴും നമ്മൾ പറയും ദൈവമേ അങ്ങടെ ഹിതം മനസ്സിലാക്കിത്തരണം മനസ്സിലാക്കിത്തരണമെന്ന് പറയും അത് ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കൊച്ച് മൂത്ത കൊച്ചു ആൾജിബ്ര ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് ചേച്ചി വായിക്കാൻ നീക്കുക അപ്പോൾ കൊച്ച് പറഞ്ഞു പറഞ്ഞു കൊടുത്ത് ഇത് മോനെ ഇത് ഇംഗ്ലീഷല്ല ഇത് കണക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ കൊച്ചു പറഞ്ഞ് എന്നാ എന്നെ ആ അതൊന്ന് കണക്ക് പഠിപ്പിച്ചതാണ് വൺ പ്ലസ് വൺ സെവൻ ടു എന്ന് പോലും കൊച്ചു പഠിച്ചിട്ടില്ല കാരണം കൊച്ചു കിൻറർ കാടാണ് നിൽക്കുന്നത് പക്ഷെ എയും ബിയും ഒക്കെ കണ്ടത് കൊണ്ട് അത് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അത് പറ്റത്തില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സ് പുതുക്കപ്പെടാതെ ഒരിക്കലും ആ അടുത്ത ലെവലുകളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് മനസ്സ് പുതുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നന്മയായി തീരാൻ പോകുന്നൊരു കാര്യം പെർഫെക്റ്റ് ആയിരിക്കുന്നൊരു കാര്യം ദൈവത്തിൻ്റെ ഹൃദയത്തിന് പ്രസാദമുള്ളൊരു കാര്യം അത് തിരിച്ചറിഞ്ഞ് അതിനെ ജീവിതത്തിൽ അബ്സോർവ് ചെയ്യാൻ നമുക്ക് അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാനായിട്ട് കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സ് പുതുക്കപ്പെട്ടേ മതിയാവുള്ളൂ ഈ പുതുക്കപ്പെടുന്ന ദൈവശബ്ദത്തിന് മുമ്പാകെ മാത്രമേ നടക്കുള്ളൂ നമ്മളെന്തെല്ലാം നല്ല പ്രസംഗങ്ങൾ കേട്ടാലും പ്രബോധനങ്ങൾ കേട്ടാലും ആ കൊള്ളാം അങ്ങനെ ആ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനൊരു ഒരു അംഗീകാരം കൊടുത്തു പോകുന്നേ ഉള്ളൂ നമ്മുടെ ലൈഫിലൊരു ഐ ആം അഗ്രിയിങ് ടു ദാറ്റ് ഞാൻ മറ്റുള്ളവരെക്കാൾ ലോകമനുഷ്യനെ എതിർക്കുന്നത് പക്ഷേ ഞാൻ അതിനെ അംഗീകരിക്കുന്നത് പക്ഷേ ഞാനും അവനും തമ്മിൽ പരീക്ഷ വരുന്ന സമയത്ത് സെയിം പേഴ്സണാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തോളം ഉള്ള ബന്ധത്തിൽ ഈ ഈ തലങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കണം കർത്താവിൻ്റെ സഭയുടെ പണി നമ്മുടെ ജീവിതത്തിൽ നടക്കണം അതിന് താഴെയായിരിക്കുന്ന ഒരിടത്ത് വെച്ചും സെറ്റിൽ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കരുത് പിശാജ് ശ്രമിക്കുന്നത് മുഴുവനും ഉന്നതമായൊരു വിളിയും ദർശനവും പ്രാപിച്ച് റങ്ങിയ ജനത്തെയെല്ലാം അതിൻ്റെ ഏറ്റവും താഴ്ന്ന ഒരു പക്ഷെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ താഴ്ന്ന നിലവാരത്തിലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് അവിടെ വച്ച് സെറ്റിൽ ചെയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പണ്ടൊരിക്കലൊരു ഒരു ചെറിയ എക്സാമ്പിളുണ്ട് ഇങ്ങനെ ഒരു ഒരിക്കലും ഈ കരിക്കിൻ്റെ വെള്ളം കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തൊരു സഞ്ചാരി എന്നിട്ട് കരിക്കിൻ്റെ വെള്ളം അന്വേഷിക്കുന്നു ഇയാളിത് അന്വേഷിച്ച് ഇങ്ങനെ പോവുക അപ്പം വഴിയിലൊക്കെ തൊണ്ടും ചകിയൊക്കെ വിൽക്കുന്ന ആൾക്കാർ കണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇതേ എന്ത് വിലയും അതിന് കൊടുക്കാൻ തരാം പൈസ ഒത്തിരിയുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും നിങ്ങൾക്കിതല്ലേ വേണ്ടേ ഞാനതിന് കുറച്ച് അത് അത് ഈ തൊണ്ട് പിഴിഞ്ഞാലും കുറച്ച് നീരൊക്കെ കിട്ടും ടാടാ മുമ്പിൽ വെച്ച് തന്നെ കുറച്ച് നീരൊക്കെ കൊടുത്ത് ഇതാണ് കരിക്കിൻ്റെ വെള്ളം എന്ന് അയാളത് കുടിച്ച് സംതൃപ്തനാവുന്നത് പോലെയാണ് പിശാചല്ല എപ്പോഴും ഉന്നതമായ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ദർശനം കിട്ടി അതിനുവേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു പക്ഷേ പോകുന്ന വഴിക്ക് അതിനോട് സമാനമായ എന്തോ ഒന്നിനെ തന്നിട്ട് നമ്മൾ വിവേദന ഇല്ലാതെ അത് കുടിച്ചേച്ചും അവിടെ വെച്ച് എല്ലാം സെറ്റിൽ ചെയ്ത് അവിടെ അങ്ങ് പാർക്കുന്ന അനുഭവമുള്ളത് പണ്ടെനിക്ക് സാക്ബർ പറഞ്ഞൊരു എക്സാമ്പിൾ എനിക്ക് ഓർമ്മയുണ്ട് ഈ ചർച്ച എന്ന് പറയുന്ന ഒരു ലിഫ്റ്റ് പോലെയാണ് ലിഫ്റ്റല്ല ഒരു പത്ത് നിലയുള്ള കെട്ടിടം പോലെയാണ് അപ്പം നമ്മൾ വളരെ ആഗ്രഹത്തോടെ കർത്താവിനെ തന്നെ അനുസരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഈ ലിഫ്റ്റിൽ കയറി അപ്പോൾ ഇങ്ങനെ ലിഫ്റ്റുമായിട്ട് മേലോട്ട് ഇങ്ങനെ പരിശുദ്ധാത്മാ പോകുന്ന വഴി ഓരോ ലെവലിലും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ചില കാര്യങ്ങളെ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാ അവരൂടെ അപ്പോൾ ഒരു അഞ്ചാം നിലയൊക്കെ എത്തിക്കഴിഞ്ഞപ്പം ചോദിച്ചു ഇതെന്താ ഇവിടെ കുറച്ച് ഇവിടെ ഒരു പാട്ടൊക്കെ പ്രാർത്ഥന സ്ലോ ആയിട്ടാണ് ഇത് പോകുന്നത് കാരണം മനുഷ്യൻ്റെ ഫ്രീവില്ലിനെ കടന്നാക്രമിക്കാതെ അതിന്മേൽ ഒരാകർഷണം ഇട്ടിട്ടാണ് ആകർഷണ വിട്ട് മനുഷ്യൻ്റെ നേസ്തു പറയും മാത്രമേ ഇവിടെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ അതുകൊണ്ടൊരു അഞ്ച ഇങ്ങനെ സ്ലോ ആയിട്ട് പോയപ്പോൾ അഞ്ചാം നില എത്തിയപ്പോഴത്തേക്കും ചോദിച്ച് ഇവിടെ എന്താ ഒരു പാട്ടും പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നത് അങ്ങനെ അടുത്ത് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞാൽ അത് ഞങ്ങൾ നേരത്തെ കൊണ്ടുപോന്നാൽ കുറച്ച് പേർ അവിടെ ഇറങ്ങിയതാണ് അവിടെ ഒരു പ്രയറും ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം പുള്ളി ചോദിച്ചു എവിടെയാ എവിടെയാണ് ഈ ദൈവം പിതാവും പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും അടുത്ത പ്രസൻസ് എവിടെയാണ് ചോദിച്ചാൽ അത് മോളിലാണെന്നു എന്നാൽ ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നു അങ്ങനെ പിന്നെയും ലിഫ്റ്റ് മുന്നോട്ട് പോയി പല കാര്യങ്ങളും ജീവിതത്തിൽ മാറ്റപ്പെടേണ്ടതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് ഒരു ഏഴാം നില എത്തിയപ്പോഴത്തേക്കും പറഞ്ഞു ഒന്ന് നിർത്താൻ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ആലോചിക്കണം അങ്ങനെ അവിടെ നിർത്താലോചിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ചും കൂടെ മനോഹരമായ പാട്ടും ഒക്കെ ഉള്ള ഒരു ഒരു മീറ്റിങ് കേട്ടു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എന്തായാലും ഇതൊക്കെ ദൈവത്തിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ ഉള്ള ഒരു സ്ഥലമല്ലേ ഞാൻ ലോകത്തിലൊന്നും അല്ലല്ലോ ഈ കെട്ടിടത്തിലല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി പോയിക്കോട്ടെ എന്ന് ചോദിച്ചു തമ്മ പറഞ്ഞ് പോകാം ഒരു അതൊന്നുമില്ല നിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഹനിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ അവിടെ പോയി സെറ്റിൽ ചെയ്തു അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയായിരിക്കും അപ്പോൾ ഈ മനുഷ്യന് ലിഫ്റ്റിൽ കയറി എന്നുള്ളത് നല്ല നല്ല കാര്യം തന്നെ പക്ഷേ എത്തേണ്ടടുത്ത് എത്തിയില്ല എത്താതിരുന്നതിന് കാരണം മറ്റു ചിലതിനെയൊക്കെ കണ്ടപ്പോൾ അവിടെ എവിടെയോ വെച്ച് ഇടയ്ക്ക് സെറ്റിൽ ചെയ്തു ചിലത് ചിലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു വല്ല ഹാകാറിൻ്റെ ഒക്കെ പല ടൈപ്പൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വിവേചനം ഉണ്ടെങ്കിലും ഉണ്ടായിരിക്കണം ഉള്ളിലെ വിളിയെക്കുറിച്ചുള്ള പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഈ ഒരു കാര്യപരിപാടിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ മറ്റൊന്ന് ദൈവത്തിൻ്റെ സഭയൊരു മർമ്മമാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു വെളി മർമ്മമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെളിപ്പാടില്ലാതെ മനസ്സിലാകത്തില്ല ആരെങ്കിലും ഒരാൾ മറ നീക്കിത്തരണം എങ്കിൽ മാത്രമേ അത് ഗ്രഹിക്കത്തുള്ളൂ ചുമ്മാ ഉള്ളൊരു കൂടിവരമല്ല ചർച്ച് ചർച്ച എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഒരു പ്രിൻസിപ്പിൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ വെച്ചോണ്ടല്ല അതൊക്കെ ഒരു ഒരു വ്യവസ്ഥയുടെ കീഴിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്നെ ഇവിടുന്ന് അവിടേക്ക് കൈയും കാലും കണ്ണും ഒക്കെ അതിനോട് കോർഡിനേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ ദൈവസഭ രൂപപ്പെടാനായിട്ട് ദൈവത്തിനൊരു ആന്തരിക വ്യവസ്ഥയുണ്ട് ഒരു ആത്മാവിൻ്റെ ചില നിയമങ്ങളുണ്ട് അതിന് നമ്മൾ വിധേയപ്പെട്ട് വരുമ്പം മാത്രമേ ഒരു കൂടിവരവിന് ആ കൂടിവരവ് ബോഡിയായി തീരത്തുള്ളൂ ശരീരമായി തീരത്തുള്ളൂ കർത്താവായി ശ്രീ എക്സ്പ്രസ് ചെയ്യപ്പെടത്തുള്ളൂ ആ ലൊക്കാലിറ്റിയിലും മോർ ആൻഡ് മോറായിട്ട് അത് അത് ഒരു മർമ്മമാണ് അത് കർത്താവ് തന്നെ ഇങ്ങനെ മനസ്സിലാക്കിത്തരണം അത് മനസ്സിലാക്കി തരുമ്പോൾ നമ്മളതിന് കൂടുതലായി ഹീൽഡ് ചെയ്യണം എന്നെ എന്നെ സ്പർശിച്ച ഒരു കാര്യം ഞാൻ ബോഡിയെക്കുറിച്ച് നേരത്തെ മനസ്സിലായെന്ന് പറഞ്ഞില്ല ഞാൻ കോഴിക്കോട് അയക്കുമ്പോൾ ഒരു സമയത്ത് ഒരു ബ്രദർ ഷെയർ ചെയ്തത് എനിക്ക് ഒരു ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എന്നെ കൊണ്ടുപോയി ആ ബ്രദർ ഇതാ പറഞ്ഞത് ഈ ബ്രദർ വേറെ ഒരു സഹോദരൻ പറഞ്ഞു വിട്ടിട്ട് എന്നെ കാണാനായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അങ്ങനെ ഞാൻ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പുള്ളി ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ബ്രദർ പിന്നെ തൊട്ടേട്ട് അടുത്ത ഞായറാഴ്ച തൊട്ട് തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിലാണ് നമ്മുടെ നമ്മുടെ കൂട്ടായ്മയിലാണ് വന്നുകൊണ്ടിരുന്നത് അപ്പം ഈ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ബ്രദറിനോട് ഷെയർ ചെയ്യാനൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഈ ബ്രദർ ഷെയർ ചെയ്യും യങ് എൻജിനീയറിങ് സ്റ്റുഡൻറ്റായിരുന്നു അദ്ദേഹം അപ്പോൾ ആ ബ്രദറ് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്കറി എനിക്ക് എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു കാര്യം അന്നരം വേർഡ് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും പിന്നെ ഒരു ബ്രദറിനും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബ്രദർ ഷെയർ ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് നല്ല വെളിച്ചം കിട്ടാറുണ്ട് ചില ഏരിയയിൽ ചില വഴിമുട്ടി നിൽക്കുന്നിടത്ത് നിന്ന് അടുത്ത സ്റ്റെപ്പ് വെക്കാനുള്ളൊരു വെളിച്ചം എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും ഈ ബ്രദറെ ഒന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എഴുന്നേറ്റെങ്കിൽ കൊള്ളായിരുന്നുള്ളൂ ചിലപ്പോൾ ഒക്കെ പുള്ളിയുമുണ്ടാതിരിക്കും ഒരു ദിവസം കുറച്ച് നാളായിട്ട് തുടർച്ചയായിട്ടും ഉണ്ടാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ബറിനോട് ചേർന്ന ബ്രദറെ എഴുന്നേൽക്കാത്ത ബ്രദറ് ഷെയർ ചെയ്യുന്നത് എനിക്കും പ്രയോജനമാണതുകൊണ്ട് ബ്രദറെ ഭരണെ കേൾക്കാൻ ഇഷ്ടമാണോ പറഞ്ഞു ഞാൻ പറഞ്ഞു സാക്ഷിയോ കേട്ടോ മെയിൻ മെസ്സേജ് അല്ല അങ്ങനെ ചെയ്തപ്പോൾ ആ ബ്രദറെ എന്നോടൊരു കാര്യം പറഞ്ഞു ബ്രദറെ ഞാൻ എന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞു നീ ഇങ്ങനെ ശരീരത്തിന് എപ്പോഴും സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നീ ശരീരത്തിൻ്റെ അംഗമാവെന്ന് വിചാരിക്കേണ്ട കൃത്രിമമായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന ഒരു കൈയും ശരീരത്തിന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ട് അത് ശരീരത്തിൻ്റെ അവയവമായി തീരുന്നില്ല മറിച്ച് മറ്റ് അവയവങ്ങളിൽ ഒഴുകുന്ന ജീവൻ നിന്നിൽ പ്രവേശിക്കുമ്പോൾ മാത്രമേ അത് നീ അങ്ങനെ അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ അവയവങ്ങളിലൂടെ ആ ജീവൻ ഒഴുകുന്നുള്ളൂ കൃത്രിമ കൈയിൽ അതൊഴുകുന്നില്ല അതുകൊണ്ട് സഭയിൽ ഒഴുകുന്ന ജീവൻ നിന്നിൽ പ്രവേശിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു തോന്നുന്നു ബ്രദർ പറഞ്ഞു ഞാൻ പലപ്പോഴും അങ്ങനെ എന്നിൽ അങ്ങനെ ഒഴുകാറില്ല ഞാൻ മീറ്റിങ്ങിൽ വന്ന് ഞാൻ എൻ്റെ കാര്യം ചെയ്തു എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു മറ്റുള്ളവരുടെ ഒഴുകുന്ന ഒഴുക്ക് എന്നെ സ്വീകരിക്കാൻ തക്കോണ്ട താഴ്മയുള്ളൊരു വ്യക്തിയായിട്ടല്ല ഞാൻ ചർച്ചയിൽ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് നാളെ മിണ്ടാണ്ടിരിക്കുന്നത് അതും എൻ്റെ ജീവിതത്തിലൊരു വെളിപ്പാടായിരുന്നു അത് വളരെ ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നൊരു കാര്യമാണ് ഒരു ശരീരത്തിൻ്റെ വോടുകളിലൊക്കെ പോയിരുന്നെച്ച് എന്തെങ്കിലും കൊടുത്ത് മൂന്ന് തരത്തിലുള്ള ആൾക്കാർ സാറിന് ചർച്ച ഒന്ന് വിസിറ്റേഴ്സ് അവർ വന്നിരുന്ന് കേട്ടിരുന്ന് പോകുന്നു മനസാക്ഷിയുടെ റീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസാക്ഷിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി വന്നിരുന്ന് അങ്ങ് പോകാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഞായറാഴ്ചയല്ലേ എവിടെയെങ്കിലും പോകണ്ടേ കുറച്ചുകൂടെ നല്ല സ്ഥലത്ത് പോകാം വരുന്നത് രണ്ടാമത്തെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വേണം അവർക്ക് അത് കൊടുക്കാനായിട്ട് അങ്ങനെ വരുന്നവരുണ്ട് മൂന്നാമതാണ് വരുന്നവർ ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിച്ചവരും കർത്താവിൻ്റെ ശരീരത്തെ പണിയപ്പെടാനായിട്ട് എന്നെ എവിടെ ചേർത്ത് പണിയുന്നോ ഒരുമിച്ച് പണിയപ്പെടാൻ തക്കവണ്ണം ഒരഞ്ഞ് ഒരസി ഏകീഭവിക്കപ്പെടാനായിട്ടുള്ള താല്പര്യത്തോടെ വില കൊടുത്തുകൊണ്ട് ദർശനങ്ങൾ പ്രാപിച്ചവരും നിർണയങ്ങളുള്ളവരായും കടന്നു വരുന്നുണ്ട് അവരാണ് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ യഥാർത്ഥ പണിയിലായിരിക്കുന്നത് അതുകൊണ്ട് ആ അന്ന് എനിക്ക് വളരെ സഹായകരമായി ഇന്നും ഞാനത് കാത്തുസൂക്ഷിക്കുന്ന ഞാൻ അനേകരോട് പങ്കുവച്ചിട്ടുണ്ട് ആ കാര്യം അപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിനകത്ത് ചില വ്യവസ്ഥകളുണ്ട് മർമ്മങ്ങളുണ്ട് അത് നമ്മൾ ആ നിയമങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് പഠിക്കുന്ന തന്നെ ഒരു ത്രില്ലാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിൻ്റെ അല്ല ദൈവത്താൽ തന്നെ മനസ്സിലാക്കി തരികയും പിന്നീട് അത് നമ്മളതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് തന്നെ ഒരു ഒരു ത്രില്ലാണ് ഒരു ചലഞ്ചാണ് ഒരു ഒരു ആവേശമാണ് ഒരു ഒരു എന്താ പറയേണ്ടത് സന്തോഷമാണ് നമ്മുടെ ഹൃദയം അതിലങ്ങനെ ത്രസിക്കും യേശു മേറി മറിയ എലിസബത്തിൻ്റെ അടുക്ക വന്നപ്പം മേരിയുടെ ശബ്ദം കേട്ടപ്പോൾ പിള്ള തുള്ളിൽ തുള്ളിച്ചാടിയെന്ന് പറയുന്നുണ്ട് എന്നാ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവത്തിൻ്റെ രഹസ്യങ്ങളിങ്ങനെ അനാവരണം ചെയ്യുമ്പോഴുമ്പോൾ നമ്മുടെ ഹൃദയം ഭയങ്കരമായിട്ട് തുള്ളും ദൈവത്തിനായിട്ട് അപ്പം അങ്ങനെയുള്ളൊരനുഭവത്തിലൂടെ നമ്മളെല്ലാവരും ആയിത്തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാനും അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഒരു ഒരവയവമായി തീർന്നുകൊണ്ട് കർത്താവിൻ്റെ കർത്താവിൻ്റെ സ്പിരിച്വൽ ഇമേജിൻ്റെ ആവിഷ്കാരം കൊടുക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനപാത്രമായി തീരാനായിട്ടാണ് എൻ്റെ ആഗ്രഹം ഇവിടെയുള്ളവരെല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെയായി തീരട്ടെ ദൈവനോടെ കൃപ